ലേഖനം അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം അതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യം അഞ്ചും ആറും ഏഴും എട്ടും വാക്യങ്ങൾ ഞാൻ നിന്നെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് അവൻ തന്നെ അറിളിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ കർത്താവ് എനിക്ക് തുണാൻ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തു കൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പേം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്ന നീക്കും തന്നെ പ്രിയപ്പെട്ടവർ ഇവിടെ ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്ന് എന്ന് പറയുന്നത് ഒരു വാഗ്ദാനമാണ് എന്താണ് ആ വാഗ്ദാനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഒരു വാഗ്ദാനമാണ് ഞാൻ നിന്നെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്നുള്ളതാണ് ആ വാഗ്ദാനം അതത്ര വലിയൊരു ഉറപ്പും പ്രോമീസും ആണ് ഞാൻ നിന്നെ ഞാൻ ഇന്ന് നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തെ നമുക്ക് പിന്നെയും പിന്നെയും ഈ ഒരു ഉറപ്പ് ഈ ഒരു വാഗ്ദാനം നമുക്ക് ആവശ്യമുണ്ട് ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച പോലെ ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് മോശയുടെ ഒരു വിടവാങ്ങൽ പ്രസംഗമാണ് മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ മോശ ഇസ്രായേലിനെ വിളിച്ചു വരുത്തുന്നു മുപ്പത്തി ഒന്നാം ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ പ്രാരംഭവാക്യങ്ങൾ മോശ എന്ത് ചെയ്യുന്നു ഇസ്രായേലിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു എനിക്കിപ്പോൾ നൂറ്റി ഇരുപത് വയസ്സായി ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല എന്ന് തന്നെ അല്ല ഈ ഓർദാനദി കടന്ന് അക്കരെ ഞാൻ ചെല്ലുകയല എന്ന് ദൈവം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇസ്രായേലിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ധൈര്യമായിട്ട് പോകണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ നയിക്കാനായിട്ട് യോശുവാ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് നിങ്ങളവിടെ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള രാജാക്കന്മാർ കാണും ആ രാജാക്കന്മാരുടെയൊക്കെ മുമ്പാകെ നിങ്ങൾ എന്തു ചെയ്യരുത് അതിൻ്റെ ആറാമത്തെ വാക്യം ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പീൻ ബലവും ധൈര്യമുള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് നിൻ്റെ ദൈവമായ യഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല മൊത്തത്തിൽ പറയുകഴിഞ്ഞാൽ അവൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും അതുകൊണ്ട് പേടിക്കരുത് ഭ്രമിക്കരുത് എന്നിട്ട് അത്രയും പറഞ്ഞിട്ട് പിന്നെ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളോട് പൊതുവായിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് യോശുവായെ പ്രത്യേകം വിളിച്ചിട്ട് മോശ യോശുവായോട് പറയുകയാണ് ഏഴാമത്തെ വാക്യം മുതൽ പിന്നെ മോശ യോശുവയെ വിളിച്ച് എല്ലാ ഇസ്രായേലും കാണുകയും അവനോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും നീ പേടിക്കരുത് ഭ്രമിക്കുകയും കണ്ടോ ഇസ്രായേലിനോടും പറഞ്ഞു യോശിയോടും പ്രത്യേകിച്ച് പറഞ്ഞു നീ പേടിക്കരുത് ഭ്രമിക്കരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ ആവർത്തന പുസ്തകം കഴിഞ്ഞ് യോശുവയുടെ പുസ്തകം അതിൻ്റെ തൊട്ടടുത്ത പുസ്തകമാണ് യോശുവയുടെ പുസ്തകം ആ യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയുടെ ഇതിനകം മോശയുടെ മരണം നടന്നു കഴിഞ്ഞു മോശയുടെ മരണമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം മരണമാണ് മരണം തന്നെ സംഭവിച്ചോ എന്ന് നമുക്കറിഞ്ഞുകൂടാ എങ്കിലും മോശ ഇസ്രായേൽ മക്കളുടെയും യോശുവയുടെയും മധ്യത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു അതിന് ശേഷം ഈ യോശോയുടെ പുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവം തന്നെ യോശുവയുടെ വീണ്ടും സംസാരിക്കുകയാണ് യഹോയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോ ആ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശിയോട് അരളി ചെയ്തത് എന്ന് പറഞ്ഞാണല്ലോ യോശിയുടെ പുസ്തകം ആരംഭിക്കുന്നത് ആ ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെയും ഏഴാമത്തെയും ഒക്കെ വാക്യങ്ങൾ നോക്കുക ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഏ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൻ്റെ ഒടുവിൽ ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഇതാരാണ് പറയുന്നത് ദൈവം തന്നെ നേരിട്ട് ജോഷിയോട് പറയുക നേരത്തെ ഇതേ വാക്കുകൾ ആര് പറഞ്ഞിട്ടുണ്ട് മോശ പറഞ്ഞിട്ടുണ്ട് മോശ പറഞ്ഞത് ദൈവം തന്നെ വീണ്ടും അവനോട് പറയുന്നു ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം നീ എന്ത് ചെയ്താൽ നല്ല ഉറപ്പും ധൈര്യം മാത്രം ഇരിക്കുക അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിൻ്റെ ദൈവമായ ഹോ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് ദൈവം ഈ കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചു എന്നോട് കൽപ്പിച്ചു എന്ന് പിന്നെ രേഖപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ താൻ പ്രാപിക്കുക എന്താ ദൈവം ഇവിടെ പറയുന്നത് പറഞ്ഞ അതേ കാര്യങ്ങളെയാണ് ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത് കണ്ടോ എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ അഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഉദ്ധരണിയിലാണ് ഈ കാര്യം പറഞ്ഞേക്കുന്നത് ഞാൻ നിന്നെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഈ വാക്യങ്ങൾ ആവർത്തന പുസ്തകം മുപ്പത്തൊന്നിൻ്റെ ആറും എട്ടും വാക്യങ്ങളിൽ നിന്നും യോശയുടെ പുസ്തകം ഒന്നിൻ്റെ അഞ്ചും ആറും ഒമ്പതും വാക്യങ്ങളിൽ നിന്നും എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ് മോശ പറഞ്ഞു ഇസ്രായേലിനോട് പറഞ്ഞു യോശിയോട് പേഴ്സണലി പറഞ്ഞു ദൈവം തന്നെ യോശയോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് മോശയോടും മോശ ഇസ്രായേൽ മക്കളോടും യോശയോടും പറഞ്ഞതും വലിയവനായ ദൈവം യോശയോട് നേരിട്ട് പറഞ്ഞതുമായ ഈ വാക്യങ്ങൾ നമ്മളോട് ദൈവം പറയുന്നതായിട്ട് നമ്മളൊന്ന് കേട്ടാൽ അതെത്ര വലിയൊരു ധൈര്യവും ഉറപ്പുമാണ് നമുക്ക് നൽകുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചുറ്റി നടക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് രോഗങ്ങളുണ്ട് പല വിധത്തിലുള്ള ഭീതികൾ വരാവുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ ഒക്കെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ ഒരു വാക്കുണ്ടെങ്കിലേ നമുക്ക് നിൽക്കാനൊക്കെ ഉള്ളൂ ദൈവത്തിൽ നിന്ന് തന്നെ ഒരു വാക്കുണ്ടെങ്കിലേ നിൽക്കാനൊക്കെ ഉള്ളൂ ആ വാക്കെന്താ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നീ പേടിക്കണ്ട കർത്താവായ യേശുക്രിസ്തു ഭൂമിയും വന്നപ്പം കർത്താവ് ആളുകളെ കാണുമ്പോൾ ഒക്കെ എന്താ മിക്കവാറും പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതാണ് ഒരാളോട് പറയാൻ പറ്റിയ ആദ്യത്തെ നല്ലൊരു വാക്ക് സത്യത്തിൽ നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം വേറെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് നല്ലത് സൗരി ഭയപ്പെടണ്ട നമുക്കൊത്തിരി ഭയങ്ങളുണ്ട നമ്മുടെ മനസ്സിൽ പല പല കാര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി ഭയങ്ങളുണ്ട് ചിലത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേഴ്സണലായ കാര്യങ്ങളായിരിക്കും അതല്ലാതെ നമ്മുടെ രാജ്യത്തെ നോക്കുമ്പോൾ ആരും പ്രാർത്ഥിച്ചപ്പോഴേ കാര്യം പറഞ്ഞു നമ്മുടെ രാജ്യത്തെ നോക്കുമ്പോഴും നമുക്കൊത്തിരി ഒത്തിരി ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഭയം വരാം ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ സുപ്രീം കോടതി സുപ്രീം കോടതി ഇപ്പോഴ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാം സുപ്രീം കോടതിയിൽ നമുക്കൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു ദീപക് മിശ്ര എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഈ മൂന്നാം തീയതി സ്ഥാനം ഒഴിഞ്ഞ് ഗോഗോയി എന്ന് പറഞ്ഞ് വേറൊരു ചീഫ് ജസ്റ്റിസിന് സ്ഥാനം കൊടുക്കണം അപ്പോൾ അദ്ദേഹം അങ്ങ് റിട്ടയർ ചെയ്ത് അങ്ങ് പോവുക ചെയ്യുന്നത് അങ്ങനെ പോകുന്നതിന് മുമ്പ് ഈ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം എന്തു ചെയ്യുക അദ്ദേഹം അഭിപ്രായം പറഞ്ഞ് വിധികൾ പൂർത്തിയാക്കി പൂർത്തിയാക്കി പോവുക ഈ കഴിഞ്ഞ ആഴ്ച തന്നെ പ്രധാനപ്പെട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും സുപ്രീം കോടതി വിധികളായിട്ട് വന്നു ഒന്നെന്ന് പറയുന്ന ആധാറിനെ സംബന്ധിച്ചുള്ളത് ആധാർ ആധാർ ആധാർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ ഒരു നമ്പറായിട്ട് ചുരുങ്ങുന്നതാണിത് ഈ നമ്പറുണ്ടെങ്കിൽ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലെന്താണ് വരുന്നത് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ദൈവത്തിൻ്റെ അറുന്നൂറ്റി എന്ന് പറഞ്ഞ് അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് വരുന്ന മുദ്രയേൽക്കുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വരുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവജനം അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു മുന്നോടി പോലെ ഇപ്പോഴേ ഈ കാര്യങ്ങൾ വന്നിരിക്കുക അത് വേണോ വേണ്ടായോ എന്നുള്ളതായിരുന്നു സുപ്രീംകോടതി കഴിഞ്ഞ ആഴ്ച തീരുമാനിക്കേണ്ടിയിരുന്നത് പല രാജ്യങ്ങളും ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ എന്തു ചെയ്തു അത് വേണ്ടാന്ന് തീരുമാനിച്ചു ബ്രിട്ടൻ അവരൊന്നും മഠയന്മാരല്ലല്ലോ അപ്പോൾ അതില്ലാതെ ആളുകൾക്ക് ജീവിക്കാം നമ്മളിത്രയും നാൾ ആധാർ ഇല്ലാതല്ലേ ഒരു നമ്പർ ഇല്ലാതല്ലേ ജീവിച്ചത് അപ്പം നമുക്കല്ലേ എന്തായാലും ജീവിക്കാൻ ഒക്കും ഇത് ഇതിൻ്റെ ഒത്തിരി ദോഷങ്ങളുണ്ട് ഒരു നമ്പറുണ്ടെങ്കിൽ ആ ആളിൻ്റെ മുഴുവൻ കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ വിചാരിച്ചാൽ ഒരു കാര്യവും രഹസ്യമല്ലാതെ എല്ലാം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ്റെ സ്വകാര്യത ലംഘിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആരംഭിച്ച ചില രാജ്യങ്ങൾ തന്നെ എന്തു ചെയ്തു അത് വേണ്ടെന്ന് വെച്ചു ബ്രിട്ടൻ നല്ല ഉദാഹരണമാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളാണല്ലോ അവർക്ക് വിവരമില്ല എന്ന് പറയുകയില്ല അവർ അവരിത് തുടങ്ങിയതാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു അവരത് വേണ്ടെന്ന് വെച്ചു അത് അവർ ശേഖരിച്ച വിവരങ്ങളെല്ലാം അവർ നശിപ്പിച്ചു വേണ്ടെന്ന് വെച്ചു അങ്ങനെ വെച്ചപ്പോൾ ഇന്ത്യയിൽ അത് വേണ്ടാന്ന് വെക്കണം എന്നുള്ള കേസ് വന്നപ്പോൾ ഇപ്പോൾ കോടതി എന്ത് തീരുമാനിച്ചു വേണ്ടാന്നല്ല വേണമെന്നാണ് വെച്ചിരിക്കുന്നത് വേണം പിന്നെ ചില പിള്ളേർ അഡ്മിഷൻ്റെ സമയത്തൊന്നും ഇത് കാണിക്കേണ്ട ഇങ്ങനെയൊക്കെ ചില ചില്ലറ ഈ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട് എങ്കിലും കണ്ടോ ഈ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നമുക്കറിയാമല്ലോ ഇന്ന് ഈ ലോകത്തുള്ള ഏറ്റവും ജനസംഖ്യ ഉള്ള രാജ്യം ചൈനയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ് ഈ ഇന്ത്യയിലെ മുഴുവൻ പേരുടെയും മുഴുവൻ വിവരങ്ങളും ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഒരാളിന് ഒരു അധികാരിയുടെ കയ്യിൽ കെത്തുക എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് അന്ത്യക്രിസ്തു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ കയ്യിലാകും എന്ന് തന്നെയല്ല ഈ നമ്പർ ഇല്ലാത്തവർക്ക് ഇന്ന് എന്ത് ചെയ്യാനൊക്കെയില്ല വിൽക്കാനോ വാങ്ങാനോ ഒക്കുകയില്ല നമുക്കോ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ വരുന്നത് നമ്മൾ ഏത് കാര്യത്തിന് പോയാലും എന്ത് വേണം നിങ്ങളുടെ ആധാർ എത്ര നമ്പറ് അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാനൊക്കെയില്ല കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ കോളേജിലെ അഡ്മിഷൻ ഞാൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു കാര്യം ഒരു സുപ്രീം കോടതി വിധി കഴിഞ്ഞ ആഴ്ച വന്നു ഇന്നെന്താ വന്നത് ഇന്ന് ഇന്നലെ എന്താ വന്നത് ഇന്നലെ വന്നപ്പം വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങളൊന്നും കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതി അങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒത്തിരി ദൂരവ്യാപകമായ ഫലങ്ങളുണ്ട് വിവാഹബന്ധത്തിന് പുറത്തുള്ള ബന്ധങ്ങളൊന്നും അതിലൊന്നും ഒരു തെറ്റില്ല മറ്റേതാണെങ്കിലത് തെറ്റാണ് പോലീസിന് കേസെടുക്കാം അറസ്റ്റ് ചെയ്യാം പക്ഷേ ആ അറസ്റ്റ് ചെയ്യേണ്ട കേസെടുക്കണ്ട അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സുപ്രീം കോടതി അത് തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇതിന് ഹർജി കൊടുത്തതാരാണ് ഒരു ക്രിസ്ത്യൻ പേരുള്ളൊരു ചെറുപ്പക്കാരനാണ് ഷൈൻ ജോസഫ് എന്ന് പറഞ്ഞ് കോഴിക്കോടുകാരനൊരു ചെറുപ്പക്കാരൻ ഇറ്റലിയിലെ ഒരു ഹോട്ടൽ നടത്തുന്ന അദ്ദേഹം ആണ് ഇത് സംബന്ധിച്ചുള്ള ഹർജി കൊടുത്തത് അതിനെ തുടർന്നാണ് ഇന്നലെ അങ്ങനെ വിധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനു മുമ്പ് ചില ആഴ്ചകൾക്ക് മുമ്പ് വിവാഹ ജീവിതത്തിൻ്റെ മാന്യതയെ ലംഘിച്ചുകൊണ്ട് പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹവും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹമോ ആ നിലയിലൊക്കെയുള്ള ബന്ധങ്ങളോ ഒന്നും തെറ്റല്ല അത് സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധി വന്നു കണ്ടോ ഇത് ഇതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് കാര്യങ്ങൾ വളരെ വേഗത്തിൽ അങ്ങ് മാറിപ്പോവുക ചെയ്യുന്നത് നമ്മളിവിടെ വായിച്ച നമ്മളിവിടെ വായിക്കുന്ന നമ്മളിവിടെ ഇപ്പോൾ ഉദ്ധരിച്ച വാക്യം എബ്രാഹർ മൂന്നിൻ്റെ പതിമൂന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മേളയിൽ എന്താ മേളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കണക്കാക്കണം ഏ ഹെൽഡ് ഇൻ ഓണർ എന്ന് പറയുന്ന വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നതിനെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കണക്കാക്കിക്കോണം എന്ന് ദൈവവചനം പറഞ്ഞിരിക്കേ വിവാഹം മാന്യമല്ല വിവാഹത്തിൻ്റെ അത് മാന്യമല്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കെ ദൈവവചനത്തിന് എന്ത് പറ്റിയല്ല ദൈവവചനത്തിന് മാറ്റമില്ല സുപ്രീംകോടതി പറഞ്ഞാലും മറ്റാര് പറഞ്ഞാലും നിയമങ്ങൾ മാറിപ്പോയാലും ഒക്കെയും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല അത് കാലാനുസൃതമായിട്ട് വെള്ളം ചേർക്കാൻ ഒക്കുന്നതല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ലോകത്ത് കണ്ണും കാതും തുറന്ന് ജീവിക്കുന്ന ആളുകളെന്നുള്ള നിലയിൽ നമുക്ക് സ്വാഭാവികമായിട്ടൊത്തിരി പേടികളും പയങ്ങളും വരാം നമ്മുടെ കാലം ഇത്രയൊക്കെ കഴിഞ്ഞുപോയി നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൊച്ചുമക്കൾ അവരൊക്കെ ഈ ഇവിടോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് തന്നെ എന്താ വിലക്കുകളൊന്നുമില്ലാത്ത ഒരു സമൂഹമാണ് വിവാഹങ്ങളൊന്നും വേണ്ട വിവാഹത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ അതിനൊരു കുഴപ്പവും ഇല്ല സ്ത്രീ പുരുഷ ബന്ധം തന്നെ വേണമെന്നില്ല എന്നെല്ലാം പറഞ്ഞു അല്ലെങ്കിൽ ആധാറും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ വിധികളിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം എന്തോ പെട്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഒരു പുഴ അതിൻ്റെ ഒഴുകി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്തോ പറ്റും അതിൻ്റെ അതിൻ്റെ വേഗത കൂടും കടലിൽ ചെന്ന് പതിക്കാനാകുമ്പോഴത്തേക്ക് അതിൻ്റെ വേദ വേഗത കൂടും എന്ന് പറഞ്ഞ ഈ വിധികൾ ഒന്നിന് പുറകെ വന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഏതാണ്ടിനോ വേണ്ടിയോ ഈ ലോകത്തിടുക്കപ്പെടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അത് മറ്റൊന്നിനു വേണ്ടിയല്ല കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൊച്ചുമക്കളെക്കുറിച്ചുള്ള ചിന്തകൾ കുടുംബങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ലോകം ഈ രാജ്യം എങ്ങനെയായി തീരും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒത്തിരി ചിന്തകളും ഒക്കെ വരാവുന്ന ഒരു സമയത്ത് ഇതാ നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ ഒരു വാക്ക് കേൾക്കണം ഭയപ്പെടണ്ടയപ്പെടണ്ട ശ്രമിക്കണ്ട ശ്രമിക്കണ്ട ഞാനെന്തോല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഈ ലോകം ദൈവജനത്തെ കൈവിട്ട് എന്താ എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോട്ട് പക്ഷെ അതിന്റെ മധ്യത്തിലും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും എന്ന് ഒരാൾ പറഞ്ഞിരിക്കുക അത് പറഞ്ഞേക്കുന്ന ആളാര പറഞ്ഞേക്കുന്നത് ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഒരു വാക്കാൽ നിർമ്മിച്ചവൻ എല്ലാ സകലചരാചരങ്ങളെയും തൻ്റെ ഒരു വിരൽത്തുമ്പ് കൊണ്ട് നിയന്ത്രിക്കുന്നവൻ അങ്ങനെയുള്ള വലിയവനായ ആദ്യവും അന്ത്യവുമായ ദൈവം ആ വലിയവനായ സർവശക്തനായ നമ്മുടെ പിതാവായ ദൈവം നമ്മളോട് പറയുന്നു മോനെ ഭയപ്പെടണ്ട മോളെ പേടിക്കണ്ട ഞാനുണ്ട് ഇതാണ് ആ വാഗ്ദാനം നോക്ക് ഈ ഇരുട്ട് ഇരുട്ടുള്ള സമയത്ത് നമ്മളിങ്ങനെ രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ പെട്ടെന്ന് ഏഹ് കാർമേഹമൊക്കെ ആകാശത്ത് പെട്ടെന്ന് ഒരു നക്ഷത്രം മാത്രം ഒരു ചെറിയ നക്ഷത്രം ഏ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു ചെറിയ നക്ഷത്രത്തിന് ഇത്രയും വെളിച്ചമുണ്ടോ ബാക്കിയെല്ലാം ചന്ദ്രനും ബാക്കി നക്ഷത്രങ്ങളുമൊക്കെ ഇല്ലാതിരിക്കുമ്പം പെട്ടെന്ന് ഒരു കൊച്ചു നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സ്ഥലമൊക്കെ കണ്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്ന പോലെ ഇതാ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഒരൊറ്റ വാഗ്ദാനം ഒരു ഒരു നക്ഷത്രം ഒരു വാഗ്ദാനം ആ വാഗ്ദാനം എന്താ ഞാൻ നിന്നെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്നുള്ളതാണ് ആ വാഗ്ദാനം അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വായിച്ചെടുത്ത് കാണുന്നത് ഒന്ന് ഒരു വാഗ്ദാനം രണ്ട് ഒരു വ്യക്തി അതിന്റെ എട്ടാമത്തെ വാക്യം നോക്കുക പതിമൂന്നിന്റെ എട്ട് യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യൻ തന്നെ അനന്യം എന്ന് വെച്ചാൽ എന്താ മാറാത്തവൻ സെയിം മാറ്റമില്ലാത്തവൻ യേശു ക്രിസ്തു ഇന്നും എന്നേക്കും അനന്യൻ തന്നെ മാറ്റമില്ലാത്തവനാണ് ഇതെന്താ ഇതൊരു വാഗ്ദാനമാണോ അല്ല ഒരു വ്യക്തിയ ആരാ യേശുക്രിസ്തു കണ്ടോ നേരത്തെ നമുക്കൊരു വാഗ്ദാനമുണ്ടായിരുന്നു നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ ഈ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് മൂന്ന് ഉദവികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം രണ്ട് ഒരു വ്യക്തി അതാരാണ് യേശുക്രിസ്തു ദൈവം തന്നെ അവിടുന്ന് എന്താ അവിടുന്ന് ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്ന് നാളെയും അടുത്തേക്ക് മാറ്റമില്ല ഇന്നലെ എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഓർത്തു പോകുന്നത് എന്താ ഈ മോശയോ മോശയോടൊക്കെ നീ പേടിക്കേണ്ട പ്രമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ മോശയുടെ മനസ്സിൽ കൂടൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കടന്നു കാണും മോശ വലിയ ധൈര്യത്തോടെ ഫറവനോട് പറയുക എൻ്റെ ജനത്തെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കെന്നൊക്കെ പറഞ്ഞ് ഇവം ഇവനെയെല്ലാം കൂടെ ഇറക്കി പുറപ്പെടുവിച്ചുകൊണ്ട് വന്നു ഈ ആറുന്നൂറായിരം വരുന്ന ജനത്തിനൊക്കെ അവർക്ക് എന്തുകൊണ്ട് വിശപ്പുമുണ്ട് ദാഹം വരുന്നുണ്ട് അവർക്ക് വെള്ളവും കുടിക്കണം ഇതൊന്നും പുള്ളിക്കാരൻ ഓർത്തില്ല ആരും ഓർത്തില്ല മോശം ഓർത്തില്ല ദൈവം പറഞ്ഞു തന്നല്ലോ എന്ന് വെച്ചാൽ ഇത്രയും എണ്ണത്തെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു വന്നപ്പോഴെന്താ ഇവർക്കെല്ലാം ഭക്ഷണം കഴിക്കണം അതും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെയാണ് നല്ല ജോലിയൊക്കെ ചെയ്ത് അവിടെ ജീവിച്ചിരുന്ന ആളുകളാണ് നാല് നേരം അഞ്ചു നേരം വെല്ലും കഴിക്കണം എങ്ങനെ ഇത്രയും പേർക്ക് ശാപ്പാട് കൊടുക്കും ഇത്രയും പേർക്ക് പോട്ട് വെള്ളം കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ എത്ര ഗ്യാലൻ വെള്ളം വേണം ഇന്നാളാരോ ഇതിനെക്കുറിച്ച് കണക്ക് കൂട്ടി ഇരുപത് ലക്ഷം പേർക്ക് മൂന്ന് നേരം വെള്ളം കുടിക്കണം എത്ര കാലൻ വെള്ളം വേണം എത്ര കാലൻ ഇത്രയും കാലൻ വെള്ളം ഇന്നത്തെ ഒരു ഒരു ലോറിയിൽ ഇത്ര കാലൻ കൊള്ളും അങ്ങനുണ്ടെങ്കിൽ എത്ര ലോറികൾ നിരനിരയായിട്ട് വന്നാൽ ഇത്രയും പേർക്ക് വെള്ളം കൊടുക്കാം അത്രയും ലോറികൾ നിരത്തിയിടാൻ എത്ര സ്ഥലം വേണം എന്നൊക്കെ കണക്കറിയാവുന്ന ആരോ ദൈവദാസന്മാർ ഇന്നാൾ ഈ കൂട്ടി ഒക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കാനിടയായി ഞാൻ അതെല്ലാം മറന്നുപോയി പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ആവർത്തു നോക്ക് ഇരുപത് ലക്ഷം പേര് ഏതാ ശാപ്പാടിൻ്റെ കാര്യം വിസ്മരിക്കുക വെള്ളം കുടിച്ച് കഴിയണമെങ്കിൽ തന്നെ എത്ര ലോറി വേണം വെള്ളം കൊണ്ടുവരാൻ അത് മരുഭൂമിയാണ് മരുഭൂമിയാണെന്ന് ഓർക്കണം മോശം വിചാരിച്ച് കാണും എന്നാലും ദൈവമേ നീ നല്ല ചതിയാണ് ചെയ്തത് എന്നോട് പറഞ്ഞു ഇവരെയൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ ധൈര്യത്തിനങ്ങ് ഇറങ്ങി പുറപ്പെട്ട് ഇവരെയും കൊണ്ട് വരികയും ചെയ്തു ഇവർക്കൊക്കെ ആര് കൊടുക്കും നമ്മൾ ആ പഴയ നിയമത്തിലെ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം മോശ മോശയുടെ ആ നിലയിലുള്ള ആ പറച്ചിലൊന്നും നമ്മളായിരുന്നെങ്കിൽ ഇത് കൂടുതൽ പറഞ്ഞേനെ ഞാനിവരെയൊക്കെ ഗർഭം ധരിച്ചിട്ടുണ്ടോ ഞാനിവരെയൊക്കെ പ്രസവിച്ചിട്ടുണ്ടോ ഇവനെല്ലാം ചാപ്പാട് കൊടുക്കാനും ഒക്കെ എനിക്കെവിടുന്ന് എന്ന് പറഞ്ഞ് മോശ പരാതി പറയുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും മോശ അത്ര ആത്മീയനൊന്നുമല്ല എന്നാൽ അങ്ങനെയല്ല നമ്മളാ സാഹചര്യത്തിൽ വരണം ആകെ മൂന്നും രണ്ടും അഞ്ചു പേരുള്ള ഒരു കുടുംബം നടത്തുന്നവരാണല്ലോ നമ്മൾ അവിടെ തന്നെ പിള്ളേർ സമയത്ത് അത് വേണോ ഇത് വേണോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് പോയിട്ടില്ലേ എങ്ങനെ ഇതിൻ്റെയൊക്കെ വയറടയ്ക്കും പ്രിയപ്പെട്ടവർ അതിൻ്റെ മുമ്പാകെ മോശ കേട്ടു പേടിക്കേണ്ട പ്രമിക്കേണ്ട എന്ന് കേട്ടവനാണവൻ അത് യാഥാർത്ഥ്യമാണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവനാണവൻ യോശുവയ്ക്കോ യോശുവ യോശുവ എന്തായിരുന്നു ഒരു രണ്ടാമനായിട്ട് എപ്പോഴും നിന്നതാ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും ആ നമുക്ക് മോശമുണ്ടല്ലോ പുള്ളിയോട് പോയി ചോദിക്കാം എന്തോ പ്രശ്നം വന്നാലും യോശുവയ്ക്ക് എന്ത് വേണ്ട അതിനെ നേരിട്ട് അഭിമുഖിക്കേണ്ട ആ മോശയുണ്ട് നമുക്ക് മോശയോട് പോകാം മോശ മോശ അപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ മോശ മുമ്പിൽ നിന്ന് മാറി ഇപ്പോൾ ആരാ വന്ന ആരോടാണ് ചോദിക്കുന്നത് യോശുവോടാണ് ചോദിക്കുന്നത് യോശോക്ക് എന്തറിയാം അതും ഇതേവരെ പരിചിതമല്ലാത്ത ഒരു നാട് ആ നാട്ടിലുള്ളവരെ തോൽപ്പിച്ച് ആ നാടെന്ത് വേണം കൈവശമാക്കി അതിനെ ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വിഭജിച്ച് കൊടുക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വെച്ച് മോശം കൊണ്ട് പർവ്വതത്തേക്ക് എറി അദ്ദേഹത്തെ ദൈവം എടുത്തു കാണുന്നുമില്ല പാവം യോശുവ എന്ത് ചെയ്യും ദൈവം വന്നിട്ട് പറയാ പേടിക്കണ്ട പേടിക്കണ്ട പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഇന്നലെ എങ്ങനെയായിരുന്നു ഇതുപോലെ തന്നെ വിശ്വസിച്ചിറങ്ങിയ ദൈവദാസന്മാരെ ദൈവം എന്ത് ചെയ്തില്ല ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും നാളെയും നാളെയും അതുകൊണ്ട് നോക്കുക നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ഒരു വാഗ്ദാനം മാത്രമല്ല ഒരു വ്യക്തിയും അവിടെ ഉണ്ട് മൂന്നാമതായിട്ട് വേറൊരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ ഏഴാമത്തെ വാക്യം കണ്ടോ വാഗ്ദാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് പറഞ്ഞത് ഒരു വ്യക്തി ദൈവം തന്നെ നമ്മുടെ കൂടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എട്ടാമത്തെ വാക്യമാണ് പറഞ്ഞത് എന്നാൽ ദൈവമുണ്ട് ദൈവവാഗ്ദാനമുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട് നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയ ആളുകളും അവരുടെ ജീവാവസാനവും അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യവും നമ്മുടെ മുമ്പിൽ സജീവമായിട്ടുണ്ട് ഇതെന്തിനെ കാണിക്കുന്നു നമുക്ക് നമ്മോടുള്ള ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിനെ ഇങ്ങനെ പറയാം സഭയേയും കാണിക്കുന്നു സഭയും കാണിക്കും ഒന്ന് ദൈവമുണ്ട് യേശുക്രിസ്തു ഇന്നലെയും ഇന്ന് ഇന്നലെയൊക്കെ അനന്യൻ രണ്ട് ദൈവ വാഗ്ദാനമുണ്ട് ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മൂന്ന് എന്തുണ്ട് നമ്മുടെ മുമ്പിൽ മാംസവും രക്തവുമുള്ള ചില നമ്മുടെ മുമ്പിൽ പോയ ചില ആളുകളുണ്ട് ഈ വഴിക്കിറങ്ങി ഈ വഴിക്കിറങ്ങി അവരന്ത്യം വരെ വിശ്വസ്തരായിട്ട് നിന്ന ചില ആളുകളുടെ ജീവിത മാതൃക അതിനെക്കുറിച്ചാണ് ഏഴാമത്തെ വചനത്തിൽ പറഞ്ഞേക്കുന്നു നിങ്ങളോട് ദൈവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ കണ്ടോ ഈ നിലയിൽ ഈ ജീവിതത്തിൽ ദൈവത്തിനായിട്ട് ഇറങ്ങി ആ വിശ്വാസം അന്ത്യം വരെ തള്ളിക്കളയാതെ നിന്ന ആളുകൾ പലരുടെയും നമ്മളെ കർത്താവായ യേശു പത്തായി ഏഴ് ദിവസം ശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പറയുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ പലരുടെയും സ്നേഹം എന്ത് ചെയ്യും തണുത്തു പോകും വിശ്വാസം നഷ്ടമായി പോകും പക്ഷേ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും ഈ സ്നേഹവും ദൈവത്തോടും സഭയോടുമുള്ള സ്നേഹം നഷ്ടപ്പെടാതെയും ആ വിശ്വാസം നഷ്ടമാകാതെയും നിന്ന് ചില ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അവരെ നമുക്ക് തൊടുകയും സ്പർശിക്കുകയും ചെയ്യാവുന്ന ആളുകളുണ്ട് ദൈവം ഉണ്ടെന്നുള്ളത് ഒരളവിലൊരു വിശ്വാസമാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നേക്കും അനന്യം തന്നെ എന്നുള്ളതൊരു വിശ്വാസമാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൈവവാഗ്ദാനവും നമുക്ക് ഒരു വിശ്വാസമാണ് എന്നാൽ ഇവിടെ ഇതാ കുറച്ചുകൂടെ നമുക്ക് കാണാവുന്നതും തൊടാവുന്നതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതും ഒക്കെയായ വിശ്വാസികളുടെ ഒരു സമൂഹം അവരെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അതും നമുക്കൊരു ഉറപ്പാണ് എന്നാണ് ഏഴാമത്തെ വാക്യം പറയുന്നത് കണ്ടോ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം ഈ വിശ്വാസ സമൂഹം നമുക്ക് ഉറപ്പായിട്ട് നിൽക്കുമ്പം നമ്മളും എന്താ നമ്മുടെ പുറകെ വരുന്നവർക്ക് നമ്മളും എന്താ ഈ നിലയിൽ അവര് നമ്മളെയാ നോക്കുന്നു നമ്മൾ എന്തുകൊണ്ട് എന്ത് വേണം നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നമ്മളും നിൽക്കാൻ ബാധ്യസ്ഥരാണ് കണ്ടോ ഈ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിവരെ ഓർത്തുകൊള്ളു അവരുടെ അവരുടെ ജീവിതമൂർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിന്നോ പറഞ്ഞേക്കുന്നേ അല്ല അവരുടെ ജീവാവസാനമൂർത്ത് അപ്പൊ പ്രിയപ്പെട്ടവരെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടു എന്നുള്ളത് ശരിയാ അത് ശരിയാണ് നമ്മളിപ്പോ നിക്കുന്നു എന്നുള്ളത് ശരിയാ പക്ഷെ അവസാനം വരെ നിൽക്കുമോ ഇല്ലയോന്നുള്ളതാണ് ജീവ അവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി നമ്മൾ നന്നായിട്ട് നിന്നു പക്ഷെ അവസാനമായപ്പോ നമ്മള് വിശ്വാസവും കളഞ്ഞു സഭയും കളഞ്ഞു പോയെങ്കിൽ നമ്മളൊരു നല്ല സാക്ഷ്യമാണോ അല്ല അല്ല അപ്പം നമുക്കതൊരു ഉത്തരവാദിത്വവും തരുന്നുണ്ട് ജീവാസാനം അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം എന്നാൽ ജീവകിരീടം പ്രാപിക്കും എന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം എന്നാൽ പ്രാപിക്കും ജീവകിരീടം കിട്ടണമെന്ന് ആഗ്രഹം ഇറങ്ങി അന്ത്യം വരെ വിശ്വസ്തനായിട്ട് നിന്നില്ല ഒരു മുക്കാപ്പം അങ്ങനെ നിന്നു എന്നിട്ട് നമ്മുടെ കാലം കഴിഞ്ഞ് പോയി നമ്മൾ ചെന്ന് കർത്താവിനോട് പറയാം കർത്താവ് ഞാനിതൊക്കെയാണെങ്കിലും കുറേ നാളൊക്കെ നിന്നതല്ലേ ഞാനും സി എഫ് സിയിലും കുറച്ച് നാട്ടൊക്കെ വന്നതല്ലേ അവിടെ കഞ്ഞി കുടിച്ചതുമൊക്കെയല്ലേ ഒടുവി പിന്നെ ചില പ്രശ്നങ്ങളെല്ലാം വന്നു ഞാൻ അപ്പോൾ എന്നാലും നീ നീതിമാനാണല്ലോ ഞാനൊരു നല്ല ജീവിതവും ഇതിനായിട്ട് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞാൽ കർത്താവ് ഉടനെ എന്ത് ചെയ്യും വെളിപ്പാട് ദിവസം രണ്ടിൻ്റെ പത്ത് എടുത്ത് വായിച്ച് കഴിപ്പിക്കും ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞിട്ടുണ്ട് അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കാം എന്നാ ജീവഗിരീടം പ്രാപിക്കുമെന്നാണ് പറഞ്ഞത് നീ അന്ത്യത്തോളം വിശ്വസ്തനായിട്ട് നിൽക്കാതെ ഇപ്പോൾ ജീവഗിരീടത്തിൽ നിന്ന് വന്നിരിക്കുന്നു പൊക്കോ എന്ന് പറയല് പറയുന്നതിൽ ദൈവത്തിൻ്റെ നീതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല അപ്പം ജീവ അവസാനം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഞാൻ പറയാൻ വന്നത് പ്രായമാകുന്നു നമുക്ക് ആവശ്യമില്ലാതെ ആളുകൾ ഒത്തിരി ബഹുമാനമെല്ലാം തരും പ്രായമാകുന്നവരുടെ കുഴപ്പമെന്താണ് പ്രായമാകുന്നവർ വളരെ സൂക്ഷിച്ചോണം ഈ ചെറുപ്പക്കാരെല്ലാം നമ്മളെ ആവശ്യമില്ലാതെ ബഹുമാനിച്ചുകൊള്ളി നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞതാ ഉടനെ അത് അദ്ദേഹത്തിൻ്റെ മഹത്വമായിട്ട് എല്ലാവരും കൂടെ കൊട്ടിഘോഷിച്ച് നമ്മളെ മഹാനാക്കിക്കളി നമ്മളെന്തോ പറഞ്ഞോണം അയ്യോ ഞാൻ നമ്മൾ നമ്മൾ വളരെ എളിമയിൽ എപ്പോഴും നിന്നോണം ഇല്ലെങ്കിൽ എന്തോ പറ്റും അനേകരെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് ഇവരീ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിച്ച് ഇതൊക്കെ എനിക്കുള്ള കിരീടമാണെന്ന് വിചാരിച്ച് അവസാനം വലിയ വലിയ തല വീണു പോയ ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മള് ഒരു നല്ല അന്ത്യം പ്രാപിക്കുക നല്ല ഓട്ടം ഓടിത്തുടങ്ങി എന്നുള്ളതുപോലെ തന്നോ അതിനേക്കാളോ പ്രധാനപ്പെട്ടത് ഓട്ടം ഓടി നല്ല തുടക്കമായിരുന്നു പക്ഷേ നല്ല അന്ത്യം പ്രാപിച്ചില്ലെങ്കിൽ എന്തില്ല കിരീടമില്ല നമുക്കറിയാമല്ലോ വലിയ മാരത്തോൺ ഓട്ടമൊക്കെയാണ് അവന് ഇരുപത്തഞ്ച് കിലോമീറ്ററും ഇരുപത്തെട്ട് കിലോമീറ്ററും ഏതാണ്ടാണ് ഈ ഓട്ടം ഇതിൻ്റെ അകത്ത് ഏതാണ്ട് അവസാനത്തെ ഒരു ഒരു ലാപ്പ് മാത്രം വന്നപ്പോഴത്തേക്ക് അവൻ എന്തോ ചെയ്തു അവന് തീർക്കാൻ പറ്റിയില്ല പക്ഷേ പ്രയോജനമുണ്ടോ മെഡലുണ്ടോ ഇല്ല ഇല്ല ജീവാ അവസാനമോർത്ത് ഞാൻ പറഞ്ഞു വന്നത് അവിടെ നമുക്ക് നമുക്ക് അതൊരു ഉത്തരവാദിത്വം തരുന്നുണ്ട് നമ്മളെന്താണ് നമ്മൾ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പാകെ നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ പലരും നമ്മളെയാ നോക്കുന്നത് എൻ്റെ അപ്പൻ എൻ്റെ സഭയിലെ മൂപ്പൻ എൻ്റെ സഹ എന്ന സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർ ഇങ്ങനെയൊക്കെ അവർ നമ്മളെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതാന്ത്യം നമ്മൾ സൂക്ഷിക്കാൻ നമുക്കൊരു ബാധ്യതയുണ്ടെന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ അവിടെ ഉണ്ട് എങ്കിലും നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് മടങ്ങി വരാം നമ്മളെന്താ ഇവിടെ കണ്ടത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഒന്ന് ദൈവമുണ്ട് യേശു ക്രിസ്തു അവിടുന്ന് മാറ്റമില്ലാത്തവനായി ഇന്നലെ അവൻ എങ്ങനെ ഇരുന്നോ അതേപോലെ മോശയ്ക്കും യോശുവയെ എങ്ങനെ സഹായിച്ചോ അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അവരെ എങ്ങനെ സൂക്ഷിച്ചോ അവർക്ക് എങ്ങനെ മരുഭൂമിയിൽ വെള്ളം കൊടുത്തോ പാറയെ പിളർന്ന് വെള്ളം കൊടുത്തോ അതുപോലെ തന്നെ ഒരു സാധ്യതയും പോഷിപ്പിക്കാൻ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ശക്തനാണെങ്കിൽ ഇന്നും ശക്തനാണ് നാളെയും ശക്തനാണ് അതാണ് നമ്മൾ കാണേണ്ട യേശു ക്രിസ്തു ഇന്നലെയും ഇന്നലെ ഇന്നേക്കും അനന്യെന്നുള്ളത് അത് കാണുമ്പോൾ നമ്മുടെ വിശ്വാസം ധൈര്യം വർദ്ധിക്കും രണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വന്ന വചനം ആ വചനം എന്താ നമ്മളോടുള്ള ഒരു പേഴ്സണൽ വാഗ്ദാനമാണ് ഞാൻ നിന്നെ ഒരു കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അതുകൊണ്ട് പേടിക്കേണ്ട പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്കായിട്ടുള്ള ഒരു വചനമായിട്ട് നമ്മൾ എടുക്കണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഈ ബൈബിളിൽ എഴുതപ്പെട്ട വചനമെന്ന് പറയുന്നതെല്ലാം ഗ്രീക്കിൽ രണ്ട് വാക്കുകൾ അതിനുള്ളത് ഒന്നെന്ന് എഴുതപ്പെട്ട വചനത്തെ ലോഗോസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മളോട് പറഞ്ഞതായിട്ട് എടുക്കുന്നതിന് ഗ്രീക്കിൽ എന്താ പറയുന്നത് റീമായ എന്നാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ അറുപത്താറ് പുസ്തകമുള്ള ഈ ഈ ഈ ഈ ഇതിൻ്റെ അകത്തെല്ലാം എന്തോണ്ട് ലോഗോസ് ഉണ്ട് ഇപ്പോൾ നമ്മളൊരു ലോഗോസാണ് വായിച്ചു കേട്ടത് എന്താ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് ഒരു ലോഗോസാണ് നമുക്കറിയാം എബ്രായർ പതിമൂന്നിൻ്റെ അഞ്ചാണ് ഒരു ലോഗോസാണ് പക്ഷേ സഹോര സഹോരി നീ ആ ലോഗോസിനെ എന്താക്കിക്കോണം റീമായ ആക്കിക്കോണം റീമായ ആക്കിക്കോണം എങ്ങനെയാണ് ഒക്കുന്നത് വിശ്വാസത്താലാണ് ഒക്കുന്നത് ഇത് എനിക്കായിട്ടുള്ള വചനമാണ് എനിക്കായിട്ടുള്ള വാഗ്ദാനമാണ് അല്ലാതെ പണ്ട് മോശയോട് പറഞ്ഞതാണ് പണ്ട് യോശയോട് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു ഇതിനെ ഒരു ചരിത്രപരമായിട്ട് കാണാതെ നമ്മുടെ പ്രസൻറ്റ് ടെൻസിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നോട് ഉള്ള ദൈവവചനം എന്നുള്ള നിലയിൽ നമ്മൾ എടുത്താലേ ഈ വാഗ്ദാനമൊക്കെ നമുക്ക് എന്തായി തീരുകൊള്ളൂ സജീവമായി തീരുകൊള്ളൂ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ ചില ദിവസം നേരം വെളുക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ പേടികളും വന്നിരിക്കും ആരും പേടിക്കണ്ട പറയാന്നാണല്ല ഞാൻ പേ ഈ പേടികളും ഭയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പത്രം വായിച്ച ആർക്കാ സമാധാനമായിട്ട് ഇരിക്കാൻ വെക്കുന്നത് അതുകൊണ്ട് ഈയിടെ ഒരു സഹകരണം പറഞ്ഞു വീട്ടിൽ വരുന്ന പത്തം നാലായിട്ട് മടക്കിയാണ് പയ്യൻ കൊണ്ടുവന്നിടുന്നത് അദ്ദേഹം എന്താ ചെയ്യും നാലായിട്ട് തന്നെ മടക്കി എവിടെങ്കിലും വെക്കും അതേ പിന്നെ തൊടുകയല്ല കാര്യം ഇത് വായിച്ചാൽ പിന്നെന്താ മനഃപ്രയാസവും മനഃപ്രയാസം എന്നു വെച്ചാൽ ഈ ലോകം ഈ കാര്യങ്ങൾ ഇങ്ങനെ പോവുക ഞാൻ പറഞ്ഞത് അതിൻ്റെ എല്ലാം മധ്യത്തിൽ ചില ദിവസങ്ങളിൽ നേരം വിളിക്കുമ്പോൾ പലതരത്തിലുള്ള വാർത്തകൾ പല പേടികൾ പലരും മൊബൈൽ ഫോണിൽ വിളിക്കുന്നു പണ്ടൊന്നും ഈ വാർത്താവിനിമയം ഇത്രയും ആയിരുന്നില്ല ഒരിടത്തോണും കുഞ്ഞു വിളിച്ച് പറയുക അതെല്ലാം ഇതില്ല മറ്റേതില്ല അങ്ങനായി ഇങ്ങനായി മറ്റേ നേരം വെളുക്കുമ്പോഴത്തേക്ക് മനപ്രയാസങ്ങളുടെ കാര്യങ്ങളാണ് വരുന്നു സഹോദരി നീ എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ മനപ്രയാസമൊക്കെ ആയിട്ട് ചായ ഇടാനും ഒക്കെ അങ്ങ് പോവുകയാണ് ഇല്ല നേരെ ഇരിക്കണം എന്താ നീ അന്ന് രാവിലെ വായിച്ച് ഒരു ലോഗോസിനെ നീ എന്താക്കിയേക്കണം ഒരു റീമായി ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ധൈര്യവും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മനുഷ്യന് ആ എന്നുള്ള ആ കാര്യം ഭ്രമിക്കണ്ട ഭയപ്പെടണ്ട ഇത് കർത്താവ് അന്ന് സുറഭോനിക്കകാരിയായ സ്ത്രീയോട് പറഞ്ഞതോ വേറൊരാളോട് പറഞ്ഞതോ ആയിട്ടല്ല ഭയപ്പെടേണ്ട എന്നുള്ളത് ഇവിടെ കുടമാളൂർ ഇന്ന വീട്ടിൽ ഇന്നടത്തെ ഇന്നാര എന്നോട് കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ എടുക്കുമ്പോഴാണ് അത് നമുക്ക് ജീവനും ചൈതന്യവും ഉള്ള ഒരു വചനമായിട്ട് നമുക്ക് തീരുന്നത് അപ്പോൾ ഒന്ന് കർത്താവുണ്ട് രണ്ട് ദൈവ വചനമാകുന്ന ആ വാഗ്ദാനമുണ്ട് മൂന്ന് നമുക്ക് ജീ നമ്മുടെ നമ്മളെ ഈ കാര്യത്തിൽ പറഞ്ഞ് ദൈവജനം നമ്മളോട് പറഞ്ഞ് നടത്തിയ ആളുകളായ വിശ്വാസ സമൂഹം നമ്മുടെ കൂടുണ്ട് സഭ നമ്മുടെ കൂടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ട് ഇവിടെ തന്നേക്കുന്നത് ഈ ഉറപ്പുള്ളപ്പം നാലാമതൊരു കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് വരണം അതെന്താ അതാറാമത്തെ വാക്യമാണ് എന്തോ ആറാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകെയാൽ കർത്താവ് എനിക്ക് തൂണാൻ ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം പ്രിയപ്പെട്ടവരെ ഒരു ലോഗോസ് വായിച്ച് അതിനെ റീമേ ആക്കി കഴിയുമ്പോൾ എന്തോ വരും ഈ ആളങ്ങ് മാറി ഈ ബലഹീനയായ സഹോദരി മാറി ഇപ്പം എന്തുവാ പറയുന്നത് ഏഹ് ആരുണ്ട് കാണട്ടെ ആരുണ്ട് വ എന്നൊക്കെയാ പറയുന്നത് കണ്ടോ ഇത് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യമാണ് ഈ എടുത്ത് തിരിച്ചേക്കുന്നത് ഇവിടെ എബ്രാഹർ പതിമൂന്നിൻ്റെ ആറിൽ ഇവിടെ എന്തുവാ പറയുന്നത് വെല്ലുവിളിയാണ് വെല്ലുവിളിയാ ആരുണ്ട് കാണട്ടെ ചില ആളുകൾ ഒക്കെ വലിയ അഹങ്കാരികളായ ആളുകളൊക്കെ കുടിച്ചേച്ചൊക്കെ ഈ വഴിയിലൊക്കെ നടന്ന് പറയുന്നത് ആരുണ്ടാ കാണട്ടെ എന്നൊക്കെ പറയല് നമ്മളൊരു നല്ല അർത്ഥത്തിൽ ഇങ്ങനെ പറയണം എന്നാണിവിടെ പറയുന്നത് ആകെയാൽ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്നാ ചെയ്യും ഇതാരാണ് പറയുന്നത് ഇത് ധൈര്യത്തോടെ നമുക്ക് ധൈര്യത്തോടെ പറയാം എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത് ഈ ധൈര്യം കിട്ടിയത് മറ്റ് മൂന്ന് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ മറ്റ് നമ്മളെ നിലനിർത്തിയ ആ മൂന്ന് കാര്യങ്ങൾ യേശുക്രിസ്തു ഇന്നലെ ഇന്ന് ഇന്ന് അനന്യൻ ഞാൻ നിന്നെ ഒരു നാൾ എന്ന വാഗ്ദാനം നമ്മളെ ആലോചന പറഞ്ഞ് നടത്തിയ സഹോദരവർഗം ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ശക്തിപ്പെട്ട് നമ്മളിപ്പോൾ എന്തായി നമ്മളൊരു ശക്തനായി മാറി നമ്മൾ പറയുക ഞാൻ ഞാൻ പേടിക്കുകയില്ല ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറയണം കണ്ടോ അപ്പോൾ ആ പറയുന്ന വാക്കുകൾക്കും ഒരു ശക്തിയുണ്ട് നമ്മളെന്തിനാ മീറ്റിങ്ങുകളിൽ സാക്ഷ്യത്തിനൊക്കെ സമയം വച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മളത് ചേർന്ന് പറയാമെന്നൊക്കെ പറയുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്കെന്താണ് അത് നമുക്ക് തന്നെ ഒരൊറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് ദൈവവചനം ചില ദിവസങ്ങളിൽ രാവിലെ നമ്മൾ അതുപോലെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ചില ദൈവവചനം നമ്മളോട് പറയുന്ന ചില ദൈവചനം നമ്മൾ വാകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിലൊക്കെ ഒന്ന് പറയുന്നത് നല്ലതാ നല്ലതാ നല്ലതാ ഇവിടെ കണ്ടല്ലോ ഇങ്ങനെ വരു ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏറ്റുപറച്ചിലും നമുക്ക് ഉണ്ടാകണം ഇവിടെ ഈ ഇവിടെ നമ്മൾ ഓർക്കണം കർത്താവ് എനിക്ക് ഞാൻ പേടിക്കയില്ല മനുഷ്യനോട് എന്ത് ചെയ്യും എന്നൊക്കെ ധൈര്യമായിട്ട് പറയും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ രണ്ടോടൊക്കെ വഴക്കുണ്ടാക്കാൻ ആ രണ്ടായൽക്കാരനോടോ വേറെ ആ ഒക്കെ ഏഹ് പേടിക്കുകയില്ല പക്ഷെ സത്യത്തിൽ ഈ വെല്ലുവിളി ആരോടാണ് നമുക്കാകെ പാടെ എത്ര ശത്രുക്കളുണ്ട് നമ്മളോർക്കും എത്ര ശത്രുക്കളുണ്ട് അയൽക്കാരെ ശത്രു മറ്റേ ശത്രു മേലധികാരി ശത്രു വീട്ടിൽ തന്നെ ജീവിത പങ്കാളികളൊക്കെ ശത്രുവാണ് ഏഹ് അളിയ ശത്രു ഇല്ലില്ല നമുക്കങ്ങനെ ശത്രുക്കളില്ല സഹോദര സൗകര്യം നമുക്ക് ശത്രുക്കളില്ല നമുക്കാകപ്പാടെ ഉണ്ട് ഒരൊറ്റ ശത്രു അതാരാ സാത്താൻ പിശാജി മാത്രമേ നമ്മുടെ ശത്രുള്ളൂ ബാക്കി ആരും അളിയനും അമ്മാവിനും ഒന്നും നമ്മുടെ ശത്രുവല്ലേ അവരൊക്കെ പാവം ഏതാണ്ടോ തെറ്റിദ്ധരിച്ച് ഏതാണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നീ അതൊന്നും കാര്യമാക്കട്ട ഇതാരാ ഇവരിലൂടെ ഒക്കെ പ്രവർത്തിച്ചതാരാ ഈ സാത്താനാണ് അവൻ മാത്രമാണ് നമുക്കാകെപ്പാടെ ഒരു ശത്രുവേ ഉള്ളൂ അവനാണ് നമുക്ക് ഈ ദോഷങ്ങളെല്ലാം ഈ കൊണ്ടുവരുന്നത് ചിലർ വിചാരിക്കും ദൈവം നമുക്ക് വരുത്തിയെന്ന് ദൈവമല്ല വരുത്തുന്നത് ദൈവത്തിൽ നിന്ന് എന്തേ ഉള്ളൂ ദൈവത്തിൽ നിന്ന് നല്ല ദാനം മാത്രമേ ഉള്ളൂ യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനേഴോ വാക്യങ്ങൾ വായിച്ച് നോക്കുക അവിടെ നമ്മൾ എന്താ കാണുന്നത് ദൈവത്തിൽ നിന്ന് നല്ലദാനങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ ചീത്തയായ ഒരു കാര്യങ്ങളും ദൈവത്തിൽ നിന്നല്ല വരുന്നത് ആകെയാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ യാക്കോബ് ഒന്നിൻ്റെ പതിമൂന്ന് ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് അതുപോലെ തന്നെ താനാരെയും പരീക്ഷിക്കുന്നതുമില്ല തിന്മ കൊണ്ട് പരീക്ഷിക്കാത്തവനാണ് ദൈവം എന്നിട്ട് അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ നല്ല ദാനവും തികഞ്ഞ വരവും ആണ് ഉയരങ്ങളിലെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നത് തെറ്റായ കാര്യങ്ങളൊന്നും ദൈവത്തിൽ നിന്നല്ല വരുന്നത് പക്ഷെ അപ്പം നമുക്ക് തെറ്റായ പല കാര്യങ്ങളും വരുന്നുണ്ടല്ലോ നമുക്ക് പേടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ രോഗം ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടത് ഇന്ന് കഴിക്കാനൊന്നും ഇല്ലെന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ അപ്പോൾ എവിടുന്നാണ് വരുന്നത് ഇതൊക്കെ ആത്യന്തികമായിട്ട് പിശാജിൽ നിന്നാണ് വരുന്നത് പക്ഷേ അത് പിശാജിന് നമ്മുടെ നേരെ കൊണ്ടുവരണമെങ്കിൽ അവൻ ഒരാളെ അനുമതി വേണം ആരുടെ ദൈവത്തിൻ്റെ ഇയോബിൻ്റെ പുസ്തകം ആ കാര്യമാണ് കാണിച്ചു തരുന്നത് ഇയോബ് ഇയോ ഭക്തനായി ഇയോബിൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷകൾ കൊണ്ടുവന്നത് അവൻ്റെ ഇവരെ ശത്രുക്കളെ പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാക്കി വീട് കുഞ്ഞുങ്ങളുടെ മേൽ വീണ് അങ്ങനെ വലിയ ദുരന്തം ഉണ്ടാക്കിയതും ഒക്കെ ആരാ ദൈവമല്ല ദൈവമല്ല പിശാച പക്ഷേ ഒരു ദൈവമകനെ അത് കൊണ്ടുവരണമെങ്കിൽ പിശാജ ആരുടെ അനുമതി വാങ്ങണമായിരുന്നു ദൈവത്തിൻ്റെ അനുമതി വാങ്ങണമായിരുന്നു അപ്പം നമുക്കതിൽ നിന്ന് കിട്ടുന്ന ഒരു ചിന്ത ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിരാശാജനകമായ സാഹചര്യങ്ങൾ ജോലി നഷ്ടപ്പെടുന്നത് കുഞ്ഞുങ്ങൾക്ക് രോഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പിശാചാണ് പക്ഷേ ദൈവമക്കളെന്നുള്ള നിലയിൽ നമുക്കത് അങ്ങനെ കൊണ്ടുവരാൻ ചിലപ്പോൾ ദൈവം അനുവദിക്കും അത് അത് എന്തിനു വേണ്ടിയല്ല നമ്മളെ ഒടുക്കിക്കളയാനോ നമ്മളോടുള്ള വൈരാഗ്യത്തിനോ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ല മറിച്ച് എന്താ ഞാൻ നിന്നെ ശോധന കഴിക്കും നീ പൊന്നുപോലെ പുറത്ത് വരും നമ്മളെ കൂടുതൽ കൂടുതൽ എന്താ ആ ശോധന ചെയ്ത് നമ്മുടെ കീടങ്ങൾ മാറി നമ്മളെ കൂടുതൽ ദൈവോന്മുഖരാക്കി തീർക്കാൻ വേണ്ടി ദൈവം ചിലത് പിശാചിന് അനുമതി കൊടുക്കും അങ്ങനെ വരുന്ന പരീക്ഷകളാണ് ഇത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഈ പരീക്ഷ ആത്യന്തികമായിട്ട് പിശാജിൽ നിന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മളിത് പറയുമ്പോൾ ഈയോബിൻ്റെ ജീവിതം അതല്ലേ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വസ്തുത അതല്ലേ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ടായി അവസാനം എന്താ അവസാനം ആ ഞാനിതിൽ നിന്ന് പൊന്നുപോലെ പുറത്ത് വന്നു ഇയോബ് എത്രയോ പേർക്ക് ഇന്നും എന്താണ് ഇന്നും മാതൃകയും വെല്ലുവിളിയുമായിട്ട് നിൽക്കുന്നു നമ്മൾ ഇത്രയും നൂറ്റാണ്ടിന് ശേഷം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇയോബിൻ്റെ കാര്യം ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ഇയോബിന് ദൈവം ഈ പരീക്ഷയൊന്നും അനുവദിച്ചിരുന്നില്ല എന്നോർക്ക് ഇയോബ് എന്തോ ചെയ്യുമായിരുന്നു ഊസ് ദേശത്ത് വലിയ ധനവാനായിട്ട് ജീവിച്ചു ഇഷ്ടം പോലെ സ്വത്ത് മക്കൾ ഇതെല്ലാം ഉണ്ട് ഇദ്ദേഹവും ഭക്ഷണവും എല്ലാം കഴിച്ച് ഈ യാഗമൊക്കെ കഴിച്ച് മക്കളെയൊക്കെ വളർത്തി നല്ല സുഖമായിട്ട് നൂറ്റി രണ്ടാം വയസ്സിലെ അദ്ദേഹം ഉദാശിയൊക്കെ സുബോധത്തോടെ കൈക്കൊണ്ട് ഏഹ് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് എന്നാ ഞാൻ പോവുക എന്ന് പറഞ്ഞ് മരിച്ചു പോയിരുന്നെങ്കിൽ നമുക്കിന്ന് യോബ് നമുക്ക് മാതൃകയാകുമായിരുന്നു ഈയോബിനെക്കുറിച്ച് നമ്മൾ കേൾക്കുക പോലുമില്ല ഈയോബ് എന്തുകൊണ്ടാണ് ബൈബിളിൽ സ്ഥാനം പിടിച്ചത് ഈ നിലയിലുള്ള പരീക്ഷകളുടെ മുമ്പാകെ അവൻ പതറാതെ ദൈവക്ഷത്ത് നിന്ന് അവൻ പൊന്നുപോലെ പുറത്തു വന്നു എന്നുള്ളത് കൊണ്ടാണ് അയ്യോവ് ഇന്ന് അനേകർക്ക് വെല്ലുവിളിയും മാതൃകയുമാകുന്നത് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് അയ്യോവിന് ഈ കാര്യം അനുവദിക്കുമ്പോൾ ദൈവം താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു അല്ലാതെ ദൈവം ചുമ്മാതെ പിശാചിൻ്റെ വാക്ക് കേട്ട് അങ്ങനെ അങ്ങ് അനുവദിച്ചു പോയല്ലോ എന്നൊന്നും ദൈവത്തിന് റിഗരറ്റ് ഒന്നുമില്ല ഒരു കാര്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അതിൻ്റെ അവസാനം അറിയുന്നവനാണ് ദൈവം അതുകൊണ്ട് ദൈവം അത് അനുവദിച്ചത് ആത്യന്തികമായിട്ട് നന്മയ്ക്കായി തീർന്നില്ലേ തീർച്ചയായിട്ടും നന്മയ്ക്കായി തീർന്നു തീർന്നു എന്ന് പറഞ്ഞതുപോലെ സഹോദര സഹോദരി എൻ്റെയും നം നിങ്ങളുടെയും ജീവിതത്തിൽ അങ്ങനെ ദൈവത്താൽ അനുവദിക്കപ്പെട്ടതാണെങ്കിലും പിശാജ് കൊണ്ടുവരുന്ന പരീക്ഷകളെ കൊണ്ടുവരാൻ ദൈവം അനുവദിക്കുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ നമുക്ക് മനുഷ്യനെ ഒന്നും ഞാൻ പേടിക്കുകയില്ല അവരാരും എൻ്റെ ശത്രുക്കളൊന്നുമല്ല എനിക്കാകെപ്പാടെ ഒരു ശത്രുവേ ഉള്ളൂ അത് പിശാജാണ് എന്ന് നമ്മൾ ഈ നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ പറയുകയും ചെയ്യണം ഈ പിശാജാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പിശാജാണെന്ന് പറയുമ്പോൾ ഈ പിശാജാണേലും ആരാണേലും നമുക്കിങ്ങനെ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പാകെ പേടിക്കണം പേടിക്കണോ ചിലർ വിചാരിക്കുന്ന മനുഷ്യരൊന്നുമല്ല പിശാചാണ് കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ കൂടുതൽ പേടിയോ അയ്യോ ചിലർക്ക് പിശാജിനെ വലിയ പേടിയാണ് ഏ ഇവൻ പേടിക്കേണ്ട ഒരാളാണോ ഇവൻ എന്താ നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശാജ് പിശാജ് അവൻ്റെ പല്ലുന്നഖവും അല്ലെങ്കിൽ അവൻ്റെ നമുക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം എന്തു ചെയ്തു കർത്താവ് എന്ത് ചെയ്തു കാൽവറി ക്രൂശില് കാൽവറി ക്രൂശിൽ അതെല്ലാം തകർത്ത് കളഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇവനെന്താ ഇവൻ്റെ തല തകർത്തു തല തകർത്തു തല തകർത്തു ഇവൻ്റെ വിഷപ്പല്ലും വായിന്ന് പോയി എല്ലാം പോയി ഇവനിനി കടിച്ചാലും എന്ത് പറ്റുകയില്ല നമുക്ക് വിഷമമൊന്നും വരികയില്ല പക്ഷേ ഇവനെന്തോ ചെയ്യും ഇവൻ്റെ തലയും തകർന്നു തല തകർന്നാലും ഇവനെന്തോ ചെയ്യും വാലിട്ടിളക്കി കാണിക്കും നമ്മളെ കാണിക്കും നമ്മൾ നമുക്ക് ഈ പാമ്പിനെ പേടിയായതുകൊണ്ട് നമ്മൾ അയ്യോ പാമ്പെന്ന് പറഞ്ഞ് നമ്മൾ ഓയി സത്യത്തിൽ ഇതെന്ത് ചെയ്തു കർത്താവ് കാൽവറിക്രൂശില് ഇവൻ്റെ തല തകർത്തു ഈ പിശാജിന് നമ്മുടെ നേരെ കൊണ്ടുവരാവുന്ന നാല് കാര്യങ്ങളാണുള്ളത് ഈ നാല് കാര്യങ്ങൾക്കും ദൈവം എന്തു ചെയ്തു കാൽവറിക്രൂശിലതിനു പരിഹാരം വരുത്തി കഴിഞ്ഞു ഒന്നെന്ന് പറയുന്നത് പിശാജി നമുക്കെതിരെ കൊണ്ടുവരുന്നത് പാപമാണ് നമ്മളെ പാപത്തിൽ വീഴ്ക്കുക പാപത്തിൽ നമുക്കൊരു ദൈവത്തിൽ നിന്ന് ആ നിലയിൽ ക്ഷമ കിട്ടാതാക്കുക ഇതാണ് പിശാജ് കൊണ്ടുവരുന്ന പിശാചിൻ്റെ ഒരു പിശാചിൻ്റെ പല പ്രവർത്തന വിധങ്ങളിൽ ഒരു കാര്യം പാപമാണ് അവൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന് എവിടെ കാര്യങ്ങൾ ക്രമീകരിച്ചു കാൽവറി ക്രൂശിൽ അതിന് കാര്യം ക്രമീകരിച്ചു ഒന്ന് കോരിഞ്ചൽ പതിനഞ്ചാമത്തെ ആയാലും മൂന്നാമത്തെ വാക്യം നമുക്ക് ഈ നാല് കാര്യങ്ങൾ വേഗം നോക്കി നമുക്ക് അവസാനിപ്പിക്കാം പതിനഞ്ചിൻ്റെ മൂന്ന് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തിൻ പ്രകാരം മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു ഒന്ന് കോഴിന്തേർ പതിനഞ്ചിന്റെ മൂന്ന് അപ്പൊ കർത്താവ് കാൽവെറി കൃഷിയിൽ കർത്താവ് മരിച്ചത് എവിടെയാണ് കാൽവറി കൃഷിയിൽ കാൽവെറി കൃഷിയിൽ മരിച്ചത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താ നമ്മുടെ പാപങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം അവിടെ വന്നു അതുകൊണ്ട് പിശാദിൻ്റെ ഏറ്റവും വലിയ തന്ത്രമായ പാപം കാണുമ്പം നമ്മൾ എന്ത് വേണ്ട നമ്മൾ പേടിക്കണ്ട ആ കാര്യത്തിന് ആര് കാൽവറി കൃഷിയെ പരിഹാരം വരുത്തി യേശു ക്രിസ്തു പരിഹാരം വരുത്തി ആവൻ്റെ ആ വിഷപ്പല് കർത്താവ് അവിടെ തകർത്തു പാപം എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞകാല പാപങ്ങൾ പ്രിയപ്പെട്ടവര് നമ്മള് കർത്താവിലേക്ക് വരുന്നതിന് മുമ്പ് വന്നതിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഭൂതകാല പാപങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ ആ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രമീകരണം വരുത്തി പാപക്ഷമ പ്രാപിച്ചെങ്കിൽ നമ്മൾ എന്ത് വേണ്ട പിശാജ് പിന്നീട് അത് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് പറയണം എന്താ കർത്താവ് ഇത് ക്ഷമിച്ചു തന്നു കാൽവറി കൃഷിയിൽ കർത്താവ് പാപങ്ങളുടെ പരിഹാരം വരുത്തി എന്നുള്ള ഒന്ന് കൊഞ്ച് പതിനഞ്ചിൻ്റെ മൂന്ന് നമ്മളത് പറയണം അവനിനി ഈ ഓലപ്പാമ്പ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ ഒക്കുകയില്ല എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കണം രണ്ടാമത് അവൻ പലപ്പോഴും ആ പിശാജിൻ്റെ മറ്റൊരു തന്ത്രമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ്റെ മറ്റൊരു നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ മറുപടിയും കാൽവറി കൃഷിയിലെ കർത്താവ് വരുത്തി കഴിഞ്ഞു ഗലാത്തിർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാമധ്യായത്തിലെ നമ്മളൊരു വാക്യം കാണുന്നുണ്ടല്ലോ മൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നതുപോലെ ക്രിസ്തു നമുക്ക് ശാപമായി തീർന്നു ന്യായ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി പിശാജിന്റെ പാപം പോലെ തന്നെ പിശാചിന്റെ മറ്റൊരു കാര്യം എന്താ പാപം പോലെ തന്നെയുള്ള മറ്റൊരു കാര്യം ശാപം ശാപം ഈ ശാപത്തെയ ഇന്ന് ചിലർക്ക് പേടി ശാപം എന്നാ ഈ ശാപത്തിനും എന്ത്യതു കർത്താവ് കാൽവറി കൃശിയിൽ പരിഹാരം വരുത്തി ഇന്ന് ഇന്ന് പലയിടത്തും ഇന്ന് ക്രിസ്തീയ ലോകത്ത് പോലും പലയിടത്തും എന്തുണ്ട് കഷ് ബ്രേക്കിംഗ് മിനിസ്റ്ററി എന്തോ അതിന് പറയുന്നത് ശുശ്രൂഷ ശാപം മുറിക്കൽ ശുശ്രൂഷ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ ഗലാത്തിലേഖനം മൂന്നിന്റെ പതിമൂന്ന് നമ്മൾ എന്തോ വായിച്ചത് നിനക്കിനി എന്തില്ല നിനക്കിനി ശാപമില്ല അപ്പം ഈ ഈ നിങ്ങളീ വരപ്രാപ്തൻ്റെയൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ അവിടെ അവടെ എന്തുവാ ഈ ശാപം മുറിക്കൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വല്യപ്പൻ്റെയൊക്കെ കാലത്ത് ഈ സ്വത്തൊക്കെ നേരെ ചൊവ്വി എല്ലാവർക്കും സമ്പാദിച്ചത് അതിൻ്റെ അകത്തൊക്കെ ചില ശാപം കിടപ്പുണ്ട് നമുക്കറിയാം നമ്മുടെ വല്യപ്പ കുഴപ്പക്കാരനായിരുന്നു നമുക്കറിയുകയും ചെയ്യാം പുള്ളിക്കാരൻ വലിയ കുഴപ്പങ്ങളൊക്കെ കാണിച്ചിട്ടും ഉണ്ടാവാം ആ ശാപമൊക്കെ ആ നിന്നെ ഇന്ന് പിന്തുടരുന്നേ നിന്റെ കൊച്ച് മൂന്നാം ക്ലാസ്സിലെ പരീക്ഷയിൽ കണക്കിൻ്റെ പരീക്ഷയ്ക്ക് മൂന്ന് മാർക്ക് കുറഞ്ഞത് ശാമം പിന്നെ തുടയ്ക്കുക അതിനിപ്പോൾ പരിഹാരം ഡെലിവറൻസ് അതിൻ്റെ അതിൻ്റെ പരിഹാരം ഈ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനെ ആര് പരിഹാരം വരുത്തി കർത്താവ് രണ്ടായിരം വർഷം മുമ്പ് കാൽവറി കൃഷി പരിഹാരം വരുത്തി ഇനിയിപ്പോൾ ഈ വരപ്രാപ്തൻ അതിന് പരിഹാരമൊന്നും വരുത്തണ്ട നമ്മൾ ഈ വചനമങ്ങ് ഏറ്റെടുത്തോണ്ടാൽ മതി നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഭൂതകാല പാ നമ്മളുടെ കുടുംബപരമായ ശാപങ്ങളൊന്നും ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റി അവിടെ വെച്ച് അത് ബ്രേക്കായി നമ്മൾ കാണുന്നുണ്ടല്ലോ കർത്താവ് എന്താ ചെയ്തത് നമ്മളെ കാട്ടൊലിവിൻ്റെ ശാഖയായിരുന്നു നമ്മൾ അതായത് ഈ ശാപങ്ങളൊക്കെയുള്ള ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് കർത്താവ് നമ്മളെ രക്ഷിച്ചപ്പോൾ കർത്താവ് എന്തോ ചെയ്തു കാട്ടൊലിവിൻ്റെ ശാഖയായിരുന്നു നമ്മളെ അതിൽ നിന്ന് വെട്ടിയെടുത്തു ആ ഒരു തുടർച്ചയിൽ നിന്ന് ആ ഒരു ശാപത്തിൻ്റെ തുടർച്ചയിൽ നിന്ന് നമ്മളെ വെട്ടിയെടുത്ത് ഇപ്പം നമ്മളെ എവിടെ വെച്ചേക്കുന്നത് നല്ല ഒലിവിനോട് ചേർത്ത് നമ്മളെ ഒട്ടിച്ചു വെച്ചിരിക്കുക ഇപ്പം ഈ പഴയ പഴയ ആ മരത്തിൻ്റെ ശാഖകളിലൂടെ പടരുന്ന ആ ശാപത്തിൻ്റെ ആ നീരുവല്ലോ നമ്മളുടെ ലേക്ക് വരുമോ ഇല്ല നമ്മളെ അവിടെ നിന്ന് വെട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് ഒട്ടിച്ചിരിക്കുക ഈ നല്ല മുന്തിരിവള്ളിയിൽ എന്തെങ്കിലും ശാപത്തിൻ്റെ കാര്യമുണ്ടോ ഇല്ല ഇല്ല പ്രിയപ്പെട്ടവരെ ഇത് കൊച്ചു കാര്യമെന്ന് പറഞ്ഞാലും ഇന്ന് നോക്കുക ആളുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള എത്രയോ നിഷ്കളങ്കരായ ആളുകളെ പേടിപ്പിക്കുന്നത് ശാപം പിശാചിൽ നിന്നുള്ളതാണ് തീർച്ചയായിട്ടും അതുണ്ട് ആ ശാപം പക്ഷേ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലാണ് ഞാൻ നെയ്യുമെങ്കിൽ നമ്മളെ പിന്തുടരുന്നില്ല ശാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് അതുപോലെ തന്നെ പിശാജിൻ്റെ മറ്റൊരു തന്ത്രമെന്ന് പറയുന്നത് അവൻ കൊണ്ടുവരുന്നത് പലപ്പോഴും പേടിയാണ് എബ്രാഹിർ കൈതീലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ കർത്താവ് കാൽവെറിക്രൂശിയിൽ എന്തു ചെയ്തു കർത്താവ് തൻ്റെ മരണത്താൽ ഈ പിശാജിനെ അധികാരിയായ പിശാജിനെ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന ഭീതിയിൽ അടിമകളായിരുന്ന നമ്മളെ എന്തു ചെയ്തു നമ്മളെ മോചിപ്പിച്ചു അപ്പം ഭീതി എന്ന് പറയുന്ന ഒരു കാര്യവും ആരുടെ ഒരു ഒരു വെപ്പണാണ് പിശാജിൻ്റെ ഒന്നാണ് പാപംതാണ് ശാപം അവൻ്റേതാണ് അതുപോലെ തന്നെ ആ പേടി ഭീതി എന്ന് പറയുന്നതും അവൻ്റെ ഒരു കാര്യമാണ് പക്ഷേ ആ ഭീതിക്കും എവിടെ പരിഹാരം വരുത്തിയെന്നാണ് നമ്മൾ എബ്രാഹിർ രണ്ടിൻ്റെ പതിനാലിൽ നമ്മൾ വായിച്ചത് കർത്താവ് പരിഹാരം വരുത്തി എങ്ങനെ തൻ്റെ മരണത്താൽ തൻ്റെ മരണം ഇവിടെ നടന്നു കാൽവരക്രൂശിയിൽ നടന്നു അപ്പം കാൽവരക്രൂശിയിൽ കർത്താവ് ഈ പിശാചിനാൽ കൊണ്ടുവരുന്ന ഭീതികൾക്കും പരിഹാരം വരുത്തിയിരിക്കുന്നു കൊലോസിൽ ലേഖനത്തിലേക്ക് വരിക കൊലോസിൽ ലേഖനം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കാര്യം കുറച്ചുകൂടെ വ്യക്തതയോടെ പറയുന്നുണ്ട് കൊലോസി ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ അവൻ വാഴ്ചകളെയും ഏഹ് പതിനാല് മുതൽ അതിക്രമങ്ങളൊക്കെയും നമ്മൾ ക്ഷമിച്ചേട്ടങ്ങളായാലും നമുക്ക് വിരോധമായ പ്രതികൂലമായ കയ്യെഴുത്ത് വായിച്ച് ക്രൂശിയിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കുക വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി കണ്ടോ പിശാജിൻ്റെ വലിയ ഒരു തന്ത്രം എത്രയോ പേരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഒരു മോനോട് ഞാൻ സംസാരിക്കായിരുന്നു അവൻ പറഞ്ഞു ഞങ്ങളെ എനിക്ക് പേടിയ പേടിയ നോക്കെ നല്ല വിശ്വാസികളായ ആളുകളെപ്പോലും എന്താ ഇവൻ ഓരോ പേടികൾ കൊണ്ടുവരിക സത്യത്തിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ പേടിക്കേണ്ട കാര്യമില്ല അവൻ്റെ മേൽ ജയോത്സവം ക്രൂശൽ കൊണ്ടാടി മരണഭീതിയിൽ അടിമകളായിരുന്നു യെസ് ഒരു കാലത്ത് നമ്മൾ മരണഭീതിയിൽ അടിമകളായിരുന്നു ഭീതിയായിരുന്നു നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു ഇനിയും പിശാചിൻ്റെ പഴയ തന്ത്രത്തിന് നമ്മൾ വിധേയരാകേണ്ടതായിട്ടുള്ള കാര്യമില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് ഇതേ വരെ പറഞ്ഞത് ഒന്നെന്ന് പറയുന്നത് പിശാജ് കൊണ്ടുവരുന്നത് പാപത്തെക്കുറിച്ചുള്ളതാണ് അത് കാൽവെറി കൃഷിയിൽ പരിഹാരം വരുത്തി രണ്ടെന്ന് പറയുന്നത് ശാപത്തെക്കുറിച്ചുള്ളതാണ് ഗലാത്തിര മൂന്നിൻ്റെ പതിമൂന്നിൽ നമ്മൾ വായിച്ചു അതിന് എവിടെ പരിഹാരം വരുത്തി കാൽവെറി കൃഷിയിൽ പരിഹാരം വരുത്തി അതുപോലെ തന്നെ പിശാജ് കൊണ്ടുവരുന്ന മറ്റൊന്ന് ഭീതിയാണ് ആ ഭീതിക്കും എവിടെ പരിഹാരം വരുത്തി കാൽവറി ക്രൂശിൽ പരിഹാരം വരുത്തി ജയോത്സവം കൊണ്ടാടി വേറെ ഒരു കാര്യം കൂടെ പിശാച്ച് ചിലപ്പോൾ കൊണ്ടുവരും റോമർ ആറിൻ്റെ റോമർ ആറിൻ്റെ ആറിൽ നമ്മൾ കാണുന്നു നമ്മുടെ പഴയ മനുഷ്യനെ കർത്താവെന്ത് ചെയ്തു ക്രൂശിൽ തന്നോടൊപ്പം തന്നെ ക്രൂശിച്ചു അതിൻ്റെ അർത്ഥം എന്താ അത് കുറച്ച് വിശദീകരിച്ച് പോകേണ്ടതായിട്ടുണ്ട് എങ്കിലും നമുക്കത് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ പറയാം നമ്മൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു സഭയിൽ അംഗമായി മുന്നോട്ട് പോകുന്നു നമ്മളിനീ ഭാവിയിൽ ഈ പാപം നമ്മുടെ മേൽ കർത്തൃത്വം നടത്തേണ്ട കാര്യമില്ല കാര്യം നമ്മുടെ പഴയ മനുഷ്യൻ പാപത്തിനായിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്ന പഴയ മനുഷ്യൻ എന്ത് ചെയ്തപ്പെട്ടിരിക്കുന്നു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് പാപത്തിൽ വീഴാത്ത വിജയകരമായ ഒരു ജീവിതം പാവിയിൽ തുടരാം അതിനുള്ള സാധ്യതയും കാൽവെറി കൃഷിയിൽ തന്നിരിക്കുന്നു അപ്പോൾ പിശാചെന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നു പാപം കൊണ്ടുവന്നു അതിന് കാൽവെറി കൃഷിയിൽ പരിഹാരം പിശാജ് ശാപം കൊണ്ടുവന്നു കാൽവെറി ക്രൂശിയിൽ അതിന് പരിഹാരം പിശാജ് മരണഭയം കൊണ്ടുവന്നു കാൽവെ ക്രൂശിയിൽ അതിന്റെ പരിഹാരം പഴയ മനുഷ്യൻ പിശാജിന്റെ പിണയാളായ പഴയ മനുഷ്യൻ അവനെയും എന്ത് ചെയ്തു കാൽവെറിക്രൂശിൽ കർത്താവ് അതിന് പരിഹാരം വരുത്തി അതുകൊണ്ട് സഹോദര സഹോദരി നമുക്കുള്ള ഗുഡ് ന്യൂസ് എന്താ നമുക്ക് പാപത്തിന്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ഭാവിയിലും ജീവിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് എന്ത് നമുക്ക് ഈ പിശാജിനെ പേടിക്കേണ്ട പിച്ചാ അതിനെ പേടിക്കണ്ട നമുക്കപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കുമ്പോൾ അതിങ്ങനെയാണ് നമ്മൾ നാല് വാക്യങ്ങളാണല്ലോ വായിച്ചത് എബ്രാഹർ പതിമൂന്നിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അഞ്ച് ആറ് ഏഴ് എട്ട് അതിൻ്റെ നമ്മൾ പറഞ്ഞു ഒന്നൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും ഇന്നേക്കും അനഞ്ഞ് വാഗ്ദാനം കാണുന്നുണ്ട് ഞാൻ നിന്നെ കൈവിടുകയില്ലേ ഉപേക്ഷിക്കേയില്ല മൂന്ന് നമുക്ക് ചുറ്റും എന്താ നമുക്ക് കൂട്ടായ്മയ്ക്കായിട്ട് തന്നിരിക്കുന്ന വിശ്വാസ സമൂഹമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ ഉറപ്പിച്ച് നിർത്തും അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ വെല്ലുവിളിച്ച് പറയാം ഏ ഞാനെ പേടിക്കുകയില്ല എന്നോട് മനുഷ്യൻ എന്ത് ചെയ്യും എന്ന് പറയുമോ മനുഷ്യനോടാണ് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് കരുതരുത് ഈ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സാത്താനെന്നൊരൊറ്റ എതിരാളിയെ നമുക്കുള്ളൂ അവനാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷെ അവനെ കൊണ്ടുവരുന്ന കാര്യങ്ങളിലൂടെ അവൻ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് നാല് മാർഗങ്ങളാണ് ഉള്ളത് ആ നാലിനും കാൽവറക്രൂശിയിൽ പരിഹാരം വരുത്തിയിരിക്കുന്നു എന്നുള്ളത് കാണുമ്പം നമുക്ക് ധൈര്യത്തോടെ പറയാൻ ഞാൻ എന്തു ചെയ്യേല ഞാൻ പേടിക്കുകയില്ല പിശാദിനെ പേടിക്കുകയില്ല അവനോട് ഞാൻ എന്തു ചെയ്യും ഞാൻ എതിർത്ത് നിൽക്കും എതിർത്ത് നിൽക്കുമ്പോൾ അവൻ എന്തോ ചെയ്യും യാക്കോവിൻ്റെ ലേഖനത്തിലാണ് നമ്മളത് കാണുന്നത് പിശാജിനോട് എതിർത്ത് നിന്നാൽ അവന് നമ്മളെ വിട്ട് ഓടിപ്പോകും വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തെ നമ്മൾ കാണുന്നു പിശാജിനോട് നമ്മുടെ സാക്ഷ്യവചനമായിട്ടും രക്തത്താലും സാക്ഷ്യവചനത്താലും നമ്മൾ എന്ത് ചെയ്യും പിശാജിനെ ജയിക്കും കർത്താവിലും അവൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുമ്പോൾ പിശാജ് എന്തില്ല പിശാജിന് നമ്മുടെ മേലൊരു കാര്യവുമില്ല ഇവനൊരു തോറ്റ ആളാണ് തോറ്റ ആളാണ് ഈ യുദ്ധത്തിൽ നമ്മൾ ജയിച്ച ആളുകളാണ് നമ്മൾ അതുകൊണ്ട് പിന്നെയും പിന്നെയും എന്നാലും യാഥാർത്ഥ്യം എന്താ യാഥാർത്ഥ്യം എന്താ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നമുക്കൊരു തിയറി ആയിട്ട് അറിയാമെങ്കിലും നമ്മൾ ചില ദിവസം നേരം വിളിക്കുമ്പം നമ്മളങ്ങ് വാടിപ്പോകും ചില കാര്യങ്ങൾ ചില ഇത് കേൾക്കുമ്പോൾ നമ്മളങ്ങ് ഓ എങ്ങനെ പോകും എങ്ങനെ എന്തോ ചെയ്യും സഹോര എന്താ ഇത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ് ഇവനീ വാലിട്ടിളക്കി കാണിക്കുന്നത് നമ്മൾ പാവം മനുഷ്യരായോണ്ട് നമ്മൾ ഈ വാല് കണ്ട് വാലിളക്കുന്ന കണ്ടുകൊണ്ട് ഏതാണ്ട് ഇപ്പം നമ്മളെ ചെയ്തു കളയുമെന്ന് നമ്മൾ പേടിക്കും പേടിക്കുമ്പോൾ എന്തോ ഓർത്തോണം മൂന്ന് കാര്യങ്ങൾ ഓർത്തോണം മൂന്ന് കാര്യങ്ങൾ ഓർത്തോണം യേശു ക്രിസ്തു ഇന്നലെ ഇന്ന് നിന്നേക്കുവാൻ എന്നി അവൻ്റെ വാഗ്ദാനം ഓർക്കുക ആ നമുക്ക് മുമ്പിൽ പോയ ആളുകളിൽ ആ വിശ്വാസത്തെ ജീവിതാവസാനം അവരുടെ ജീവിതാവസാനം ഓർക്കുക ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ തന്നെ വാക്കുകൾ കൊണ്ട് നമ്മൾ വിശ്വാസത്താൽ സ്വന്തമാക്കിയ ആ വാഗ്ദാന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയും പിശാചി നിനക്കെതിൽ കാര്യമില്ല നീ പേടി കൊണ്ടുവരണ്ട പേടിക്കാർ പരിഹാരം വരുത്തി യേശു ക്രിസ്തു പരിഹാരം വരുത്തി പാപം നീ ഞാൻ ഒരു പാപത്തെ വീണു പോകുമോ വേണ്ട അതിനൊക്കെ കർത്താവ് പരിഹാരം വരുത്തി എന്നെ ഏതോ ശാപം തുടരുമോ പിന്തുടരുന്നോ കൊച്ചു തോറ്റുപോയത് അല്ലെങ്കിൽ കുഞ്ഞ് ഉരുണ്ടു വീണത് ആരാണ്ടയോ ശാപമാണെന്നു പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ വരട്ട കാര്യം അതിനൊക്കെ ആര് കൈ പരിഹാരം വരുത്തി കാൽവെ കുശിൽ ദൈവം പരിഹാരം വരുത്തി അതുകൊണ്ട് നമുക്ക് പാവിയെ ഓർത്തും പാവിയില് എനിക്ക് ഇപ്പോൾ വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ നോക്കുമോ അതിനും കർത്താവ് പഴയ മനുഷ്യനെ കാൽവരകൃഷിയിൽ ആ കർത്താവിനോടൊപ്പം ആ ആ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എല്ലാത്തിനും ഈ നാല് കാര്യത്തിനും കർത്താവ് കാൽവരക്കൃഷിയിൽ പരിഹാരം വരുത്തിയത് നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാം പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു പറഞ്ഞപ്പോൾ എളുപ്പം കഴിഞ്ഞു പക്ഷേ ഇതിനെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക നമ്മുടെയൊക്കെ വെല്ലുവിളി ഇതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മളിതെല്ലാം ഇവിടെ കേട്ടയച്ചു പോന്നു ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു ഞാനും പോന്നു ഞാൻ ഉടനെ ഇന്ന് സുപ്രീം കോടതിയുടെ ഇന്നൊരു വിധി വരാനിരിക്കുന്നുണ്ട് അതൊക്കെ അവിടെ വന്ന് കേട്ടയച്ചു ഞാൻ വിചാരിക്കും അയ്യോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുള്ള അതേ പോരാട്ടം തന്നെ എനിക്കും ഉണ്ട് നമുക്കെല്ലാം നമ്മളെല്ലാം ഒരു വഴിയിൽ അപ്പോൾ അവിടെ നമുക്ക് രക്ഷയാരേ ഉള്ളൂ ഈ രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ അതിൽ ശരണപ്പെടുക അതിൽ ഉറച്ചു നിൽക്കുക ദൈവം നമ്മളെ കൈവിടുകയില്ല ദൈവം ഉണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം